തണുത്തുറഞ്ഞ കാൽവരിയിൽ ഭൂമിക്ക് കുറുകെ യേശുവിന്റെ ാവ്യമുയർന്നു എൻറെ ദൈവമേ എൻറെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉയർത്തുന്ന കൂടെ നിന്നവർക്കെല്ലാം സ്നേഹം തോരാതെ നൽകിയിട്ടും ആരും ആ നിലവിളി കേട്ടെത്തിയില്ല എല്ലാവരും തിരസ്കരിക്കപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് പിതാവിനാൽ പരിത്യപ്തനായ യേശു മരണത്തെ ചുണ്ടോട് ചേർക്കുകയാണ് നഷ്ടധൈര്യനായി അവൻ മാറുന്നില്ല പിന്തിരിഞ്ഞ് നോക്കുന്നില്ല പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുകയാണ് മനുഷ്യജീവിതത്തിൽ എക്കാലവും നൊമ്പരങ്ങളുടെ കാൽവരിയിലൂടെ കടന്നു അനുഭവങ്ങൾ കടന്നു എവിടെയൊക്കെ നാം വേദനയുടെ വിജനതയിൽ കരയുന്നുണ്ടോ അവിടെയെല്ലാം കാൽവരി വലിയൊരു അനുഭവമാക്കി അവൻ മാറ്റും നമ്മുടെ സ്വകാര്യതയിൽ ആരുമില്ലാത്തവരും നമ്മൾ അവഗണിക്കപ്പെടുമ്പോൾ കരയേണ്ടി വരുമ്പോൾ നീ കാൽവരിയിലാണ് സ്വന്തം പറയുന്നവ പരിത്യജിക്കപ്പെടുന്ന സമയം കടന്നു വരുമ്പോൾ മനഃപൂർവ്വം നീ മാറ്റി നിർത്തപ്പെടുമ്പോൾ കാൽവരിയുടെ തപസിൽ നീ പങ്കുചേരുകയാണ് ഈ ലോക വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകാൻ സമയമായി എന്ന് കസാ തിരുനാളിന് മുമ്പേ യേശു അറിഞ്ഞു എന്ന് വച്ചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ അവൻ സ്നേഹിച്ചു വിശുദ്ധയോഹന്ന സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ അന്ത്യത്താഴ് വേളയിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ അവൻ മുട്ടുകുത്തി പാദങ്ങൾ കഴുകി രമ്യതയുടെ ശുശ്രൂഷ നടത്തി സ്വന്തം ഹൃദയരക്തം കൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരെ പാപമില്ലാത്തവരാക്കി മാറ്റിയത് തൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകുമ്പോൾ തൻ്റെ അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കാൻ യേശു പുതിയ പുതിയ കണ്ടുപിടിക്കുകയായിരുന്നു ശിഷ്യന്മാരെ മാത്രമല്ല നമ്മെ ഓരോരുത്തരെയും അവന് സ്നേഹിച്ചു നമ്മുടെ വിശ്വാസവും ജീവിതശൈലിയും എന്തു അവൻ നമ്മെ സ്നേഹിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതും നമ്മെ സ്വന്തമാക്കുന്നതും നാം ആഗ്രഹിക്കുന്ന ഭൗതിക സമ്പത്തോ ആരോഗ്യമോ വിജയമോ നമുക്ക് നൽകുമ്പോൾ മാത്രമല്ല അത് നൽകാതിരിക്കുമ്പോഴും അവൻ നമ്മെ അനുഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഒരു പിതാവ് തൻ്റെ മകനെ സ്നേഹിക്കുന്നത് അവൻ ചോദിക്കുന്നതെല്ലാം നൽകുമ്പോൾ മാത്രമല്ലല്ലോ അവൻ നിക്ഷേദിക്കുമ്പോഴും ശിക്ഷണങ്ങൾ നൽകുമ്പോഴുമെല്ലാം ആ പിതാവ് അവനെ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുക എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുക എന്നതല്ല ദൈവത്തിനിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കാൻ സ്നേഹത്തിന്റെ ഉറവിടത്തിലേക്ക് നമ്മെ അടിപ്പിക്കുവാൻ വ്യത്യസ്തമായ രീതിയിൽ ഇശോ നമ്മെ നയിക്കുകയാണ് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അപമാനങ്ങൾ സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിക്കുകയാണ് അപസോലന്മാർ അപസോല പ്രവർത്തനം പറയുന്നുണ്ട് എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്ന് സഹനങ്ങളിൽ വിശദ കൗരവസ്നേഹ കർത്താവിനെ പ്രതി സഹിക്കേണ്ടി ആളുകളെ ഓർത്ത് അഭിമാനിക്കുകയാണ് കാൽവരിയുടെ ഓർമ്മകൾ നമ്മിൽ അവശേഷിപ്പിക്കേണ്ടത് അവനോടുള്ള സ്നേഹത്തിലേക്കാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ കർത്താവിനെ സഹിക്കാൻ ലഭിച്ചതിൽ കാൽവരിയിൽ യേശുവിനോടൊപ്പം ആയിരിക്കാൻ അവസരം ലഭിച്ചതിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റട്ടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം പോലും നമ്മളെ കൈവിട്ടു എന്ന് ചിന്തിക്കുമ്പോൾ കർതാവിൻ്റെ ഈ വിലാപകാവ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു അവനെ നഷ്ടധൈര്യനാക്കുകയല്ല പിതാവിൻ്റെ ഹിതത്തിലേക്ക് അവനെ വലിച്ചെടുപ്പിക്കുകയാണ് ചെയ്തത് എന്നത് ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഞങ്ങളോടൊപ്പം ആരുമില്ല എന്ന് കരുതുമ്പോഴും കാൽവരിയിലെ കുരിശും ചുവട്ടിരുന്ന വരുമ്പോഴും ഞങ്ങൾക്ക് സ്വന്തമായുള്ളവ പോലും നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലും അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിച്ചത് ഞങ്ങൾ ഓർമ്മിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി ദാസന്റെ രൂപം ഉദ്ധരിച്ച് കുരിശിൽ മരിച്ച അങ്ങയുടെ ചിത്രം ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ നോക്കുവാൻ അങ്ങയുടെ സഹനത്തിൽ അങ്ങേ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളായി ഇവയെല്ലാം ഞങ്ങൾ കരുതട്ടെ കർതാവേ എന്നും അങ്ങിയോടുകൂടെ കാൽവരിയിൽ കുരിശിന്റെ സമീപേ ഞങ്ങൾ അങ്ങോട്ട് പറ്റിച്ചേർന്നു നിൽക്കട്ടെ ധ്യാന വജസ്സുകൾ നമുക്കായി ഒരുക്കിയത് സിസ്റ്റർ ജോ മേരി എം എസ്